ധ്യായം പത്ത് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാണ് വെള്ളികൊണ്ട് രണ്ട് കാഹളം ഉണ്ടാക്കുക അടിപ്പുപണിയായി അവയെ അവ നിനക്ക് സഭയെ വിളിച്ചുകൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകേണം അവ ഊതുമ്പോൾ സഭ മുഴുവനുവനും സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ നിന്റെ അടുക്കൽ കൂടേണം ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രയേലിന്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടേണം ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം രണ്ടാം പ്രാവശ്യം ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടേണം ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ി ഊതണം സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി ഊതരുത് അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അകുന്നു കാഹളം ഊതേണ്ടത് ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതയണം എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവാ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസ നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളമൂതണം അവ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ജ്ഞാപകമായിരിക്കും യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു അനന്തരം രണ്ടാം സംവത്സരം രണ്ടാം മാസം ഇരുപതാം തീയതി മേഘം സാക്ഷ്യനിവാസത്തിന്മേൽ നിന്ന് പൊങ്ങിക്കും അപ്പോൾ ഇസ്രേൽ മക്കൾ സിനായി മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു മേഘം പാറാൻ മരുഭൂമിയിൽ വന്നു നിന്നു യഹോവ മോശമുഖാന്തരം കൽപ്പിച്ചതുപോലെ അവർ ഇങ്ങനെ ആദ്യമായി യാത്ര പുറപ്പെട്ടു യഹൂദ മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി ആദ്യം പുറപ്പെട്ടു അവരുടെ സേനാപതി അമ്മീനാദാബിന്റെ മകൻ നഹി ഇസാഖാർ മക്കളുടെ ഗോത്രത്തിന്റെ സേനാപതി സൂവാരിന്റെ മകൻ നെഥന സെബുലൂൻ മക്കളുടെ ഗോത്രത്തിന്റെ സേനാപതി കെലോന്റെ മകൻ എലിയ അപ്പോൾ തിരുനിവാസം അഴിച്ച് താഴ്ത്തി ഗർഷൂന്യരും മരാരീരും തിരുനിവാസം ചുമന്നുകൊണ്ട് പുറപ്പെട്ടുവിട്ടു പിന്നെ രൂപന്റെ കൊടിക്കീഴുള്ള പാളയം ഗണംഗണമായി പുറപ്പെട്ടുവിട്ടു അവരുടെ സേനാപതി ഷെതേയൂരിന്റെ മകൻ എലിസൂർ ോൻ മക്കളുടെ ഗോത്രത്തിന്റെ സേനാപതി സൂര്യദായിയുടെ മകൻകൻ ഷിലൂമിയൻ ഗാതു മക്കളുടെ ഗോത്രത്തിന്റെ സേനാപതി ദയുവേലിന്റെ മകൻകൻ എലിയാസ അപ്പോൾ വിശുദ്ധ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പുറപ്പെട്ടുവിട്ടു ഇവർ എത്തുമ്പോഴേക്ക് തിരുനിവാസം നിവർത്തു കഴിഞ്ഞു പിന്നെ എഫ്രൈം മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു അവരുടെ സേനാപതി അമ്മീഹൂദിന്റെ മകൻ എലിഷാമ മനഷെ മക്കളുടെ ഗോത്രത്തിന്റെ സേനാപതി പെദാസൂരിന്റെ മകൻ ഗമലിയലി ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന്റെ സേനാപതി ഗിതയോനിയുടെ മകൻ അമീന്ദ പിന്നെ അവരുടെ എല്ലാ പാളയങ്ങളിലും ഒടുവിലത്തേതായിരുന്ന ാൻ മക്കളുടെ പാലയം പാളയം ഗണഗണമായി പുറപ്പെട്ടുവിട്ടു അവരുടെ സേനാപതി അമ്മി ഷദ്ദായിയുടെ മകൻ അഹിയേസ് ആഷിയർ ഗോത്രത്തിന്റെ സേനാപതി ഒക്രാന്റെ മകൻ പഗിയൽ നപ്താലി മക്കളുടെ ഗോത്രത്തിന്റെ സേനാപതി യേനാന്റെ മകൻ അഹീര ഇസ്രായേൽ യാത്ര പുറപ്പെട്ടപ്പോൾ ഗണം ഗണമായുള്ള അവരുടെ യാത്രാറുണ്ട് ഇങ്ങനെ ആയിരുന്നു പിന്നെ മോശ തന്റെ അമ്മായിപ്പനായ രയുവേൽ എന്ന മിത്യാന്റെ മകനായ ഹോബാബിനോട് നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് യഹോവ അരുളി ചെയ്ത ഞങ്ങൾ യാത്ര ചെയ്യുന്നു യഹോവ ഇസ്രയേലിന് നന്മ ചൊല്ലിയിരിക്ക ഞങ്ങളോട് കൂടെ വരിക ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യും എന്ന് പറഞ്ഞു അവനവനോട് ഞാൻ വരുന്നില്ല എന്റെ സ്വദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കിലേക്കും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു അതിനവൻ ഞങ്ങളെ വിട്ടു പോകരുത് മരുഭൂമിയിൽ ഞങ്ങൾ പാളയമിറങ്ങേണ്ടത് എങ്ങനെയെന്ന് നീ അറിയുന്നു നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും ഞങ്ങളോടുകൂടെ പോന്നാൽ യഹോവ ഞങ്ങൾക്ക് ചെയ്യുന്ന നന്മ പോലെ തന്നെ ഞങ്ങൾ നിനക്കും ചെയ്യുമെന്ന് പറഞ്ഞു അനന്തരമവർ യഹോവയുടെ പർവ്വതം വിട്ട് മൂന്ന് ദിവസത്തെ വഴി പോയി യഹോവയുടെ നിയമപ്പെട്ടകം അവർക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് മൂന്ന് ദിവസത്തെ വഴി മുമ്പോട്ടു പോയി പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽസമയം അവർക്കുമീതേ ഉണ്ടായിരുന്നു പെട്ടകം പുറപ്പെടുമ്പോൾ മോശ യഹോവെ എഴുന്നേൽക്കണമേ നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും അത് അവൻ യഹോവെ അനേകായിരമായ ഇസ്രയേലിന്റെ അടുക്കൽ മടങ്ങി വരേണമേ പറയും